വിശ്വാസികളായ സ്ത്രീകൾക്കും പറയുക അവർ തങ്ങളുടെ ദൃഷ്ടികൾ താഴ്ത്തുകയും തങ്ങളുടെ ഗുഹ്യഭാഗങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യട്ടെ പുറത്തു കാണുന്നതൊഴിച്ചുള്ള തങ്ങളുടെ അലങ്കാരങ്ങൾ അവർ പ്രകടിപ്പിക്കരുത് തങ്ങളുടെ വസ്ത്രങ്ങൾ നെഞ്ചുമുന്ന രീതിയിൽ അവർ ധരിക്കട്ടെ തങ്ങളുടെ ഭർത്താക്കന്മാർക്കോ പിതാക്കന്മാർക്കോ ഭർത്താക്കന്മാരുടെ പിതാക്കന്മാർക്കോ പുത്രന്മാർക്കോ ഭർത്താക്കന്മാരുടെ പുത്രന്മാർക്കോ സഹോദരന്മാർക്കോ സഹോദരപുത്രന്മാർക്കോ സഹോദരപുത്രന്മാർക്കോ സഹോദരന്മാർക്കോ തങ്ങളുടെ അധീനതയിലുള്ള സ്ത്രീകൾക്കോ ലൈംഗികാസക്തിയില്ലാത്ത പുരുഷന്മാരായ അനുഗാമികൾക്കോ സ്ത്രീകളുടെ ഗുഹ്യഭാഗങ്ങളെക്കുറിച്ച് അറിവില്ലാത്ത കുട്ടികൾക്കോ അല്ലാതെ തങ്ങളുടെ അലങ്കാരങ്ങൾ അവർ പ്രകടിപ്പിക്കരുത് തങ്ങളുടെ അലങ്കാരങ്ങളിൽ നിന്ന് മറച്ചുവെച്ചിട്ടുള്ളവ അറിയപ്പെടാനായി അവർ കാലുകൾ നിലത്തടിച്ചു നടക്കരുത് വിശ്വാസികളെ നിങ്ങളെല്ലാവരും അള്ളാഹുസുബഹാനഹുവ തയാലായുടെ അടുത്തേക്കുമടങ്ങുക നിങ്ങൾക്ക് വിജയം ലഭിക്കാൻ വേണ്ടിയാണത്